പദോവിധാസഹസ്രതേ സംസാരചതീ അസ്മൈ പരാഭവ അവഹേളന കർത്തവ്യ അവശ്യവും വിചാരീയം അവബോധവ്യം ഏതാവിശാസ്ത്രവിചാരാശ്രയോ ഭവീ അതേവില്ല ഈ നോമ്പ് വിശദീകരിച്ച നരകവർണ്ണനയാണെന്ന് വന്നത് അത്തരത്തിലുള്ള കഷ്ടചേഷ്ടഹസ്രതകളിൽ കഷ്ടചേഷ്ടപ്രവൃത്തികൾ അത് അനേകം സഹസ്രം അനേക കഷ്ടപ്രവൃത്തികൾ ഇത് ദാരുണമായിരിക്കുന്ന ആ ദാരുണമാണെന്നൊക്കെ വിശദീകരിച്ചത് സംസാര ചലയന്ത്രേ സംസാരമാകുന്ന ചലയന്ത്ര സംസാരം നിരന്തരം ഒരു യന്ത്രത്തെ പോലെ ചലിച്ചു കൊണ്ടിരിക്കുന്നു സംസാരത്തിന്റെ ചലനം എന്ന് പറയുന്നത് എന്താണ് ജീവന്മാരുടെ ജനനം ജീവിതം മരണം വീണ്ടുന്നതാവത്തി പുനരനി ജനനം പുനരനി മരണം ഇതാണ് ഇതിന്റെ ചല യന്ത്രം ചലിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ തുടർന്നുകൊണ്ടേ രാജ്യൂടാ പിന്നെ അവഹേളനാകർത്തവ്യ ഇതിൽ അങ്ങനെ അവഹേളനാദര് ഒരനാദര വിധിപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്കതിന് ശ്രദ്ധ വേണം അങ്ങനെയുള്ള ശ്രദ്ധ ഇതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ അതാണ് അതായത് ഇന്നിങ്ങനെ അവഗണിച്ച് നിലങ്ങി ജീവിച്ച് മരിച്ചു പറയുന്നു പറയുന്ന അവഹേളന പാടില്ല പിന്നെ എന്ത് വേണം അവശ്യം അവബോധമ്യം യഥാഗ്രത ശാസ്ത്ര വിചാരം ഇതെന്നൊരു അനാദരവ അശ്രദ്ധ ഉദാസീനത ഉപേക്ഷ ഇതൊന്നും പിന്നെ യും പറയുന്ന അങ്ങനെ വിചാരം ചെയ്യണം ഏവം വിചാരം ചെയ്യണം അങ്ങനെ വിചാരം ചെയ്യണം എങ്ങനെ ചവബോധവും അങ്ങനെ ഒരു അവഗമനം കൂട്ടാവഗമനയും ശരിയായൊരു ബോധം ഹാണം എങ്ങനെ ശാസ്ത്ര വിചാരാൽ ശ്രേയോധിക്കും ശാസ്ത്ര ശ്രേയസ് ഉണ്ടാകത്തക്ക തരത്തിൽ ഈ സംസാരത്തിൽ ശ്രദ്ധ വേണോ അതുകൊണ്ട് ഇതിനെ ഉപേക്ഷ വിചാരിക്കരുത് അവഗണിച്ചു കളയരുത് ശാസ്ത്ര വിചാരം അതാണ് ഇവിടെ ഒരു കാര്യമാണ് ശാസ്ത്ര വിചാരം അദ്വൈതികൾ പൊതുവെ പറയുന്നതായിരുന്നു അതിനോട് എന്തിനു ശാസ്ത്രം വിചാരം ചെയ്യണം ശ്രേയസ് അന്വേഷിച്ച ഗുക്കിലേനോ മഹാമലോ മഹത്മ വിപ്രാസ്ഥ രാജാനസ് ജാനവചേനവകുണ്ഡിത ശരീരാസ്തേ കഥം പദമ അവി ദുഃഖകരീ താ താല്പൂർണി സംസാരപദർ അനുഭവ സഗതമേ ഉദിതമനസ ഇതാണ് വാസിഷ്ഠത്തിന്റെ വിശേഷം ശങ്കരാചാര്യനിൽ നിന്ന് വാസിഷ്ടത്തിന് വേർതിരിക്കുന്നത് ഇവിടെയാണ് അന്യത്തിൽ കൂടാതെ രഘുകുലേഖ അല്ലയോ രാമ ഏതേ മഹാമുനേഹ മഹാമുനിമാർ മഹാമുനിമാരെന്ന് പറയുന്നത് പുരാണങ്ങളിലും ഏറ്റവും പ്രസിദ്ധരായിരുന്നാണ് അവരാണ് മഹാമുനികൾ എന്ന് പറയുന്നത് മഹർഷയ ഈ മഹർഷികളെന്ന് പറയുന്നതും പുരാണ പ്രസിദ്ധരായ ആൾക്കാരാണ് വേദങ്ങളിലും അവിടെ ഇവിടെ പ്രസിദ്ധരായ ഈ രണ്ടുമുണ്ട് അതാണ് മഹാമുനികളും മഹർഷികൾ അത് നമ്മൾ പ്രത്യേക അറിയിക്കുന്നു ഇന്ന് നമ്മുടെ പേരന്റെ കൂട്ടത്തിൽ മഹർഷി എന്നോ മുനിയെന്നോ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നും ആകത്തില്ല അങ്ങനൊരു ലേബലൊട്ടിച്ച് നടക്കാവുന്ന യോഗ കൃഷി ഹിമാലയൻ കൃഷി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരൊന്നും ഇറങ്ങുന്നുണ്ട് വെറുതെയുണ്ട് അവരെല്ലാം എന്താണ് പുരാണങ്ങളിലും ഇത് ഉള്ളവരാണ് അവര് ആ കൂട്ടത്തിലാണ് അപ്പോൾ അത് നമ്മൾ അത്തരം പട്ടങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ മനുഷ്യരെടുത്ത് അണിയുക എന്ന് പറയുന്ന ശുദ്ധവിവര കേടുക അത് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന രംഗങ്ങളാണ് ഇങ്ങോട്ടെടുക്കേണ്ട ആവശ്യമില്ല അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് പിന്നെ വിപ്രാശ അത് ഇന്നും പറയാം അന്നുകൊണ്ട് ഇന്നും ബ്രാഹ്മണങ്ങൾ മാർ അങ്ങനെയൊരു വിഭാഗമാണ് അതെന്നുള്ളതാണ് അങ്ങനെയുള്ള രാജാ രാജാക്കന്മാര് രാജാക്കന്മാര് എന്ന് പറയുമ്പോൾ ഇന്നുമുണ്ട് ആ പേരിലല്ലെന്നേ ഉള്ളു പണ്ട് രാജാക്കന്മാരാണ് ഇന്ന് രാജാക്കന്മാരാണ് മന്ത്രിമാരെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പണ്ട് രാജാവ് വേറെ മന്ത്രി വേറെ ജനാധിപത്യം വന്നപ്പോ എന്താ പറയാ രാജാവും മന്ത്രിയുമായി ഇത്രയുള്ള അപ്പൊ അത് ഇന്നുണ്ടെന്ന് കണക്ക് പറയാം പിന്നെ അത് ആ ഓരോ ജനവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ആ വിഭാഗങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യം ഇപ്പൊ പ്രധാനപ്പെട്ട ഇങ്ങനെ കുറച്ചുപേരെ കുറിച്ച് പറഞ്ഞു പഴയകാല തൃശുമാരും മോദിമാരും എല്ലാ കാലത്തുമുള്ള വിപ്രന്മാരും രാജാക്കന്മാരും എല്ലാം ഇവരെല്ലാവരും ജ്ഞാന കവചേന അവകുണ്ഡിത ശരീര ജ്ഞാനമാകുന്ന ശരീരം കവചം കൊണ്ട് അവകുണ്ടിത ശരീരത്തെ പൊതിഞ്ഞു ജ്ഞാനം കൊണ്ട് ശരീരത്തേക്കാ പൊതിയും ശരീരം എന്നുള്ള മനസ്സിലാക്കണം പലടത്തും പറ്റിയ അർത്ഥം എടുത്ത പോലെ അവിടെ വ്യമായിരിക്കുന്നർത്ഥം ജ്ഞാനം കൊണ്ടവരുടെ ജീവിതത്തെ പൊതിഞ്ഞിട്ടെന്ന് മനുഷ്യജീവിതത്തെ അവർ ജ്ഞാനം കൊണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ആത്മബോധത്തോടുകൂടി ജീവിച്ചു ഇവിടെയാണ് ശിഷ്ടത്തിന്റെ പുറത്തേക്കാണ്ട് ഈ ആത്മബോധത്തോടു കൂടി ജീവിക്കുക അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ജീവിക്കുന്നത് മുനിമാരെങ്ങനെയാണോ മുമ്പ് ജീവിച്ചത് മഹർഷിമാരെങ്ങനെയാണോ ജീവിച്ചത് വിപ്രന്മാർ വിപ്രന്മാരെന്ന് പറയുമ്പോൾ സാധാരണ ഇതാണ് ബ്രഹ്മചരി ആശ്രമത്തിൽ കഴിക്കുന്നവരും മാനപ്രസ്ഥാശ്രമത്തിൽ പിന്നെ വേണ്ടി വന്നാൽ ഗൃഹി വന്നാലല്ല ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവരും സന്യാസാശ്രമത്തിൽ കഴിയുന്നവരും എല്ലാവരും എടുക്കണം അതാണ് വിപ്രന്മാരെന്ന് പറയുന്നത് അവരെല്ലാവരും വിപ്രന്മാർ പിന്നെ രാജ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ വളരെ ഭാരിച്ച ഉത്തരവാദത്തോടു കൂടി രാജ്യം ധരിച്ചിരുന്നു ഇവിടെ വാസുഷ്ഠത്തിൽ ഇവരെല്ലാവരും തുല്യരായിട്ടാണ് കാണുന്നത് അതാണ് ഇതിന്റെ സവിശേഷത എന്തുകൊണ്ട് ഇവരെല്ലാവരും ജ്ഞാനം കൊണ്ട് തന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നവരാണ് വസ്ത്രം കൊണ്ട് പൊതിയെന്ന് പറയുന്നത് തണുപ്പിൽ നിന്നും മറ്റും തന്റെ ശരീരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ജ്ഞാനം കൊണ്ട് തന്റെ ശരീരത്തെ പൊതിയുക ജീവിതത്തെ സംരക്ഷിക്കുക അത് ആത്മബോധത്തോടുകൂടി ജീവിക്കുന്നവർ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആത്മബോധത്തോടുകൂടി ജീവിക്കുന്നതിന് ശങ്കരാചാര്യര് പറയുന്ന പോലെ എന്താണ് സന്യാസവും ഭിക്ഷാടനവും നിർബന്ധമുള്ള കാര്യങ്ങളല്ല വേണമെങ്കിൽ അവർ ശങ്കരാചര് പറയുന്ന പോലെ കൂടിയേരി വരുന്നില്ല അങ്ങനെ പിന്നെ രാജാക്കന്മാർ ഇങ്ങനെ രാജ്യം ഭരിക്കുന്നവർ വിപ്രന്മാരെങ്ങനെയാണ് പൗരോഹിത്യകർമ്മങ്ങൾ ചെയ്യുന്നവർ പൗരോഹിത്യകർമ്മം ചെയ്യുന്നവർക്ക് ജ്ഞാനമാകാം ഇതാണ് വാശിഷ്ടം പറയുന്നത് പൗരോഹിത്യകർമ്മം ഉപേക്ഷിക്കേണ്ട കാര്യം ഏത് പ്രവൃത്തി ചെയ്താലും അവൻ ഇവിടെ പലതും കാണിക്കും വിപ്രന്മാർ മന്ത്ര ഋഷിമാർ മന്ത്രദിഷ്ടാക്കള അവരിങ്ങനെ കവിതകൾ എഴുതുന്നവരാണ് അതാണ് അവരുടെ വിളി കവിതകളാണ് വേദമന്ത്രങ്ങൾ മുനിമാർ അവരാണ് തപസ് കഠിനമായ തപസ്സുകൾ ചെയ്യുന്നത് അപ്പം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി കുഴപ്പമില്ല എന്ത് ചെയ്യും അവർക്ക് ആത്മബോധം ഉണ്ടായാലും അപ്പം വേണ്ടിയിട്ട് സന്യാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവിത അത് വേണം നമ്മുടെ നിർബന്ധങ്ങൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ് ജ്ഞാന പപച്ചയെ അവർ ഒന്നിട്ട് ശരിക്കുക ഇവരുടെ എല്ലാം സവിശേഷത എന്ന് പറയുന്ന അവരുടെ തത്വജ്ഞാനത്തിലാണ് ശരിയായ ജ്ഞാനം അവർക്കുണ്ടോ ഉണ്ടെന്ന് വേറെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് തപസ്യായ മുനിയായിരിക്കുന്നവനും പറയുന്നുണ്ട് മുനിയായി സർവഭൗതിക സുഖങ്ങളും തിയച്ച് കഠിനമായ തപസ് ചെയ്യുന്നവനും രാജ്യങ്ങളൊക്കെ രാജ്യം ഭരിച്ച് രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവനെ ഗുരുവായൂ സ്വീകരിക്കും വാസ്തുഷ്ടത്തിൽ പറയുന്നത് മഹാഭാരതത്തിലുമുണ്ട് അപ്പൊ അവിടെ എന്താണ് പ്രാധാന്യം അവരുടെ ജീവിത വൃത്തിക്കല്ല അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള മറിച്ച് അവനെന്ത് അറിവുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ പഴയ ആശ്രമ വ്യവസ്ഥയനുസരിച്ച് അന്ത്യാശ്രമയാണ് അപ്പോ അന്ത്യാശ്രമിക്ക് പഴയ കാലത്ത് അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് തന്നെ ശ്രേഷ്ഠ കല്പിച്ചത് അങ്ങനെ ജീവിച്ചാൽ മതി അവസാനം ഇങ്ങനെ അതിനാണ് ആശ്രമ സന്യാസം മറ്റു ആശ്രമങ്ങളെപ്പോലെ തന്നെ ഒന്നാണ് സന്യാസാശ്രമം ആശ്രമ സന്യാസം കൊണ്ടുതന്നെ മറ്റ് ആശ്രമങ്ങളെക്കാളും അതിന് പൂജ്യത ശ്രേഷ്ഠത നമ്മുടെ സ്മൃതികളിലൊക്കെ കിട്ടും അത് മണി പറയലും ജ്ഞാനത്തിന്റെ മഹത്വം കൊണ്ടല്ല ആശ്രമത്തിന്റെ മഹത്വം കൊണ്ടാണ് അത്തരം ഒരു ആശ്രമത്തിനും ത്യാഗം അതിൻ്റെതായ ആചാരങ്ങളെല്ലാം കൊണ്ട് ഉണ്ടെങ്കിലും അവിടെ ശ്രമം എന്നുള്ളതിനാണ് പ്രാധാന്യം അതുകൊണ്ടാണ് സന്യാസം അവിടെ പിന്നെ പൂജ്യത അതുകഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഈ ജ്ഞാനത്തിന്റെ ഭാഗത്ത് വരുമ്പോ പൂജ്യതാവുന്ന ആശ്രമത്തിനല്ല മറിച്ച് ജ്ഞാനത്തിനാണ് അപ്പൊ ജ്ഞാനമുണ്ടെങ്കിൽ പറയുന്ന രാജാവ് പൂജ്യനാണ് ഉപനിഷത്തുകളിലേതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് പക്ഷെ വന്നിട്ടാണ് ഈ സന്യാസത്തിന് പൂജ്യത അങ്ങനെ ഒരു ജീവിത വൃത്തിക്കാണ് അങ്ങനൊരു വൃത്തിയാണോ ജീവിതവൃത്തിയാണോ ഇവിടെ വാസിഷ്ഠത്തിന് വരുമ്പം വാസിഷ്ഠവന് അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ അങ്ങനെ ഒരു ആശ്രമത്തിനുള്ള പ്രാധാന്യം ഞാൻ ഇന്നും ആൾക്കാർക്ക് സ്വാമിമാർക്ക് ഇക്കാര്യത്തിൽ രാശിക്കാൾ പോലും അതുകൊണ്ടാണ് ഈ സന്യാസത്തിന് ക്യൂ നിൽക്കുന്നത് സന്യാസത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ വലിയ ആദരവൊക്കെ കിട്ടുന്നതും എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്മാർത്ഥ പദ്ധതി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് അത് പഴയകാല വിധികളാണ് വിധിക്കനുസരിച്ചാണ് അവന് വലിയ പ്രാധാന്യം വരുന്നത് മറിച്ച് തത്വജ്ഞാനത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തത്വജ്ഞാനത്തിൽ അവൻ എന്താശ്രമം എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല അവനല്ല എന്ത് ജ്ഞാനമാണ് അതിനാണ് പ്രാധാന്യം അപ്പൊ ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആശ്രമത്തിൽ പ്രത്യേകിച്ച് യാതൊരു സന്യാസാശ്രമം എന്ന് പറയുന്നതിന് യാതൊരു വിശേഷത്തിൽ പ്രത്യേകിച്ച് മഹത്വത്തിൽ ജ്ഞാനം കൊണ്ട് കിട്ടാവുന്ന മഹത്വത്തിൽ കൂടുതലായി ഒരു മഹത്വവും സ്മാർത്ഥ വിചാരത്തിലത് കൊണ്ട് സ്മാർത്ത പദ്ധതിയിലത് പ്രാചീനമായൊരു രീതിയാണ് വാസ്തിഷ്ടം പ്രാധാന്യം കൊടുക്കുന്നത് ഈ ജ്ഞാനപദ്ധതിക്ക് സ്മാർത്ത പദ്ധതി അതുകൊണ്ട് ത്യാഗം വൈരാഗ്യം ഇതെല്ലാം കൊണ്ട് അതിനൊക്കെ മഹത്വമാണ് ത്യാഗത്തിനും വൈരാഗ്യത്തിനും ഒന്നും മഹത്വമില്ലാത്ത പക്ഷെ ഏറ്റവും വലിയ മഹത്വം എന്നതിൽ ജ്ഞാനത്തിന് ജ്ഞാനമുണ്ടോ അവൻ അങ്ങനെ ഗ്രഹസ്ഥനാണെന്നോ ബ്രഹ്മചാരിയാണെന്നോ സന്യാസി ആണല്ലോ അങ്ങനെയുള്ള യാതൊരു പ്രത്യേക പരിഗണനയും അവിടെ ഇല്ല ജ്ഞാനത്തിനുപരിയായ പരിഗണന അവിടെ ഇല്ല ജ്ഞാനമുണ്ടെങ്കിലും ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിയായാലും സന്യാസിയായാലും ഏത് ആശ്രമത്തിലായാലും അവിടെ തുല്യ പരിഗണന അത് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നു ബസ് പിന്നെ ഈ വാസിഷ്ഠം നമുക്ക് ശ്രദ്ധിക്കുകയും മനസ്സിലാകും അങ്ങോട്ടൊരു മാറ്റം കൊണ്ടുവരാൻ കാരണം ഈ ആശ്രമ സന്യാസത്തിന് സ്മൃതികാരന്മാർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ സന്യാസമെന്ന് പറയുന്നത് ഒരു തൊഴിലായിട്ടെടുക്കുകയും ഈ സന്യാസ തൊഴിലൂടെ ഇന്നെല്ലാവരും ചെയ്യുകയുള്ളു ഇത് സന്യാസം ഒരു തൊഴിലാണ് സമൂഹത്തിന്റെ മാന്യത പിടിച്ചുപറ്റി ജീവിക്കാനും തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് തത്വം ജ്ഞാനത്തിന് താൽപ്പര്യം ഇല്ലാതെ കാരണം ഞാനില്ലെങ്കിൽ തന്നെ പൂജ്യതയും ഇതെല്ലാം കിട്ടും കാരണം ഈ ഈ ലേപനമാണ് സന്യാസം എന്നുള്ളൊരു ലേപനമാണ് വലിയ അംഗീകാരമാണ് അതുകൊണ്ടാണ് ഇത് കണ്ടിട്ടാണ് ഈ ശിഷ്ടതാരൻ ഈ ഗ്രന്ഥം എഴുതിയാണ് ചെറിയൊരു മാറ്റം വരുത്തിയത് അതിനല്ല പ്രാധാന്യം നിങ്ങളിങ്ങനെ ഒരു ആശ്രമം സ്വീകരിച്ചു അതുകൊണ്ട് നല്ല പ്രാധാന്യം വരേണ്ടത് സ്മൃതരിലങ്ങനെ ഒരു പ്രാധാന്യം പറയുന്നുണ്ട് അതിനുള്ള പ്രാധാന്യം വരേണ്ടത് തത്വം അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇവിടെ തുല്യമായി പീഗണിച്ചിരിക്കുന്നത് തുല്യമായി രാജാവു ആയിക്കൊള്ളട്ടെ എന്തെങ്കിലും ആരും ആയിക്കോട്ടെ സന്യാസിയെക്കുറിച്ച് മിണ്ടുന്നേ അതിനൊരു പ്രാധാന്യമേ കൊടുക്കട്ടു അവർ എന്തു ചെയ്യുന്നു ഇതിനെ തുടർന്നാണി അങ്ങോട്ട് പോകുന്ന മുഴുവൻ എന്ന് വിചാരിച്ച് വൈരാഗ്യത്തേക്കൊന്നും പ്രശംസിച്ചിട്ടുണ്ടല്ലെന്ന് പറയുന്നു പക്ഷെ തത്വം അതിനാണ് പ്രാധാന്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തുടർന്ന് പറയുന്നതല്ലാതാവും എല്ലാവരും അതുകൊണ്ട് ഈ സന്യാസം ഈ സന്യാസം തന്നെ രണ്ട് തരത്തിലുണ്ട് ആശ്രമ സന്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് പഴയ കാലത്തിൽ ആശ്രമ സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം അടുത്തൊരു ആശ്രമ സന്യാസം അതാണ് പഴയ ആശ്രമങ്ങൾ സ്മൃതികളിൽ ജീവിച്ചിരിക്കുന്ന ആശ്രമ സന്യാസം ഇന്നത്തെ ആശ്രമം എന്ന് പറയുന്നത് അങ്ങനെയല്ല ആശ്രമ സന്യാസം അങ്ങനെയല്ല പിന്നെ എന്താണ് എന്താണ് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ചെന്ന് പ്രവേശിക്കുക പ്രവേശിച്ചിട്ട് പിന്നെ സന്യാസത്തിൽ കണ്ടുവെച്ച് ജീവിക്കുക എന്തുകൊണ്ട് ഇതാണ് ഇന്നത്തെ ആശ്രമ സന്യാസം സന്യാസീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കഴിയുന്ന മറ്റുള്ളവരുടെ ഇടയിൽ ഈ സന്യാസത്തിലേക്ക് വരുന്നവർ കൂടുതൽ അധികാരങ്ങൾ ബഹുമാനവും ഒക്കെ കിട്ടുന്ന അതിനുള്ള ആഗ്രഹങ്ങൾ മോഹസന്യാസം അതാണ് ഇന്നത്തെ ആശ്രമ സന്യാസം പഴയതുമല്ല സ്മാർട്ട സന്യാസമുണ്ട് ഇന്നത്തെ സന്യാസത്തിന് മഠസമ്മന മഠ സന്യാസം ശങ്കരാചാര്യന്റെ പേര് പറഞ്ഞിട്ടാരോ മഠാമ്പനായോ എന്ന് പറഞ്ഞൊരു കൃതി എഴുതി വെച്ച് അത് പിൽക്കാലത്ത് വളരെ പിൽക്കാലത്ത് എഴുതിയാണ് ഈ മഠസന്യാസത്തെ കുറിച്ച പ്രധാന അത് അതിത്രേ ഉള്ളൂ മനുഷ്യന്റെ അഹന്തയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉപാധി എന്നുള്ളതല്ലാതെ അതിനകത്ത് വരെ ഒരു കാര്യം എന്റെ ഈഗോ സാറ്റിസ്ഫാക്ഷനാണ് ആ സന്യാസം ഇത്രയും തുറന്നു പറയുന്നുണ്ട് അതെങ്ങനെ മനഃപ്രയാസമുണ്ടെങ്കിൽ ക്ഷണിച്ച പറയാതിരിക്കാൻ പറ്റത്തില്ല അതെന്നു തോളി കുതിര കയറുന്നതിനുള്ള സന്യാസമാണ് അല്ലാതിന് പ്രത്യേകിച്ച് കാര്യം സ്വയം തോന്നുന്നു നമ്മളെന്തോ ഒരു ഗംഭീര സാധനമാണ് ഈ എന്താണ് ട്രസ്സൊക്കെ ചുറ്റി നടക്കുമ്പോൾ തോന്നും എന്നുള്ള അതുകൊണ്ട് ഒരു ഗുണവുമില്ല മനുഷ്യൻ അവന്റെ അഹന്ത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഒരു കാര്യമില്ല മനുഷ്യന്റെ ഒരു പരിവർത്തനത്തിനാണ് പോരുന്നത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു ഇത്രയും കാലത്ത് ആശ്രമവാസം കൊണ്ടും പരിചയം കൊണ്ടും പറയുന്നതാണ് പൊതുവെ അങ്ങനെ കാണും ഞാൻ ഇതിന് അപവാദങ്ങളാണ് ഇത് മനസ്സിലാക്കിയിട്ടെ അങ്ങനെ ആകാൻ അങ്ങനെ ആകാൻ പാടില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരില്ലെന്നല്ലേ ഞാൻ പറയുന്നു ഇതിന്റെ പൊതു സ്വഭാവം എന്തോ ചില സവിശേഷമായ അധികാര അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതാണ് പൊതുവേ കാണുന്നത് അത് അങ്ങനെയാണ് നമ്മൾ അത് ഞാൻ വെറുതെ പറയുന്നതല്ലോ കാരണം ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ടാണ് ആൾക്കാർ എന്താകുന്നത് മഠാധിപതിയാകും പിന്നെന്താകുന്നു മണ്ഡലേശ്വരനാകുന്നു എന്താ ഇത് സന്യാസത്തിൽ എന്താ ഇതൊക്കെ സന്യാസം എന്ന് പറയുന്ന ആശയമായിട്ടോക്കും ഇതൊക്കെ തികച്ചു അസംബന്ധമാണ് വേറെ ഒരു വാക്കുപയോഗിക്കാനില്ലാത്തോണ്ട് ഞാൻ പറയുന്നത് മഹാമണ്ഡലേശ്വരൻ സന്യാസി വിധമായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമില്ല ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല എന്റെ ഗുരുനാഥനോട് ഞാൻ നേരത്തെ ചോദിച്ചാണ് ഈ മഹാമണ്ഡലേശ്വരൻ കേരളിന്റെ കൂടെ എഴുതിയിട്ടുണ്ടല്ലോ ഇത് ഏത് ശാസ്ത്രമനുസരിച്ചു പ്രാചീനമായ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ ഞാൻ രഹസ്യമായി ചോദിച്ചല്ലോ ഒരുപാട് കൂട്ടം മുൻപോച്ചെന്ന് ചോദിച്ചു ഏതെങ്കിലും ശാസ്ത്ര എന്ന് ചോദിച്ചു മൗനം പാലിച്ച് എന്തോ മറുപടി പറയാതിരിക്കുന്ന നല്ലത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും മൗനം ആ മറുപടി ഇന്നുവരെ കിട്ടിയിട്ടില്ല കിട്ടാനും പോകുന്നു അസംബന്ധങ്ങളാണ് സന്യാസത്തിന്റെ അതിന് വിലയില്ലെന്ന് ഞാൻ പറയുന്നത് അതിന് വിലയുള്ള എവിടെയാണ് രാഷ്ട്രീയത്തിൽ നിനക്ക് വിലയുള്ള സന്യാസ രാഷ്ട്രീയ സന്യാസത്തിൽ അതിനൊക്കെ മഹത്വമുണ്ട് അത് ഇതൊന്നും ഞാൻ പറയുന്നു എവിടെ പറയുന്ന സ്മാർത്ത സന്യാസത്തിലോ അല്ല മറിച്ച് പറയുന്ന ശങ്കരാചാര്യ പറയുന്നു ത്യാഗ സന്യാസത്തിലോ ഒരു പദവികൾക്കും യാതൊരു മൂല്യമില്ല അതൊക്കെ അതിന് നേരെ വിരുദ്ധമായതായിരുന്നു ഇതൊക്കെ വരുമ്പോ അത് ഇത് പറയാതിരുന്നു കഴിഞ്ഞാല് ഇതൊന്നും പറയാനൊന്നും ഒരുത്തനും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു ആരും പറയത്തില്ല എന്നാൽ അതിനെ കുറിച്ച് ബോധമില്ല എല്ലാം എന്തു ചെയ്യുന്നു മായാമയമി പണ്ടൊരു കവി പാടിയും പോലെ മായാമയമി പ്രപഞ്ചിത കാര്യങ്ങള് യായി വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോ അവിടെ അതിനൊന്നുമല്ല പ്രാധാന്യം ജ്ഞാനകച്ചം കൊണ്ടും അവഗുണ്ഠിത ശരീരന്മാരായും തന്റെ ജീവിതത്തെ ജ്ഞാനം കൊണ്ട് പൊതിഞ്ഞുപിടിച്ച് കഥം ആ ദുഃഖക്ഷമ അപ്പി ദുഃഖകരി ൂർവിതാംസാര സാംസാരികമായ ക്ലേശങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്ന ബാക്കിയുള്ളതെല്ലാം അത് ദുഃഖകരിയും ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് താം താം വൃത്തിപൂർവിക അവര് ഏത് വൃത്തിയിലാണെന്നുള്ളത് പ്രശ്നമല്ല എന്നിട്ട് ഈ പറഞ്ഞ മഹർഷിയുടെ വൃത്തിയിലാണോ മുനിയാണോ അതോ വിക്രനാണോ അതോ രാജാവാണോ അവിടെയെല്ലാം ആ ദുഃഖക്ഷമാന ക്ഷമാ ശരിക്കും ദുഃഖത്തിന് യോഗ്യമല്ലാത്തതാണെങ്കിലും ദുഃഖകരിയും ദുഃഖത്തെ ഉണ്ടാക്കുന്ന ദുഃഖാർഹമല്ല ദുഃഖത്തിന് വിധേയമാകുന്നതല്ല എന്താണ് അല്ലെങ്കിലും ദുഃഖത്തെ ഉണ്ടാക്കുന്നവയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ കാണിക്കുക നമുക്കൊന്നും കണ്ണടച്ചൊന്നും ഇരുട്ടാക്കാൻ പറ്റത്തില്ല ദുഃഖം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിലൂടെ സംസാരമെന്നുള്ള വാക്കുകൊണ്ട് പറയുന്നു മനുഷ്യ അനുഭവിക്കുന്ന ആൾ അത് ഏത് വൃത്തിയിലായാലും അതനുഭവിക്കും മഹർഷിയായാലും മുനിയായാലും കഥകളുടെ കഥല്ലേ പറയുന്നു വ്യാസനും വസിഷ്ഠനും ഒക്കെ കരയുന്നതാണ് വസിഷ്ഠൻ ആത്മഹത്യ ചെയ്യാൻ നടന്നയാളാണ് പുത്രമാര് മരിച്ച ദുഃഖം കൊണ്ട് എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നു എന്താണോ അപ്പോൾ ഇവരുടെ സംസാരം ഇവരുടെ ജീവിതം ദുഃഖം അർഹിക്കുന്നതല്ലെങ്കിലും ദുഃഖത്തെ ഉണ്ടാക്കുന്നത് രണ്ടുമുണ്ട് ഇവിടെ എന്ന് വെച്ചെന്താണ് ദുഃഖത്തിന്റെ സാഹചര്യങ്ങളും ദുഃഖത്തിന്റെ നിമിത്തങ്ങളും എല്ലാ മനുഷ്യജീവിതത്തിലും അവരെന്ത് വൃത്തി എന്ത് ജീവിത സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും ഉണ്ടെങ്കിലും എന്തുകൊണ്ട് സംസാര സംസാര ക്ലേശങ്ങൾ എവിടെയുണ്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഈ പുറലോകമൊക്കെ കണ്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ വലിയ സംസാരമാണ് മനുഷ്യൻ ഭൗതിക ആസക്തിയിൽ മുരുകി ജീവിക്കുകയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ഹിമാലയത്തിലേക്ക് ഓടിപ്പോയിക്കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ചെന്നാൽ ഇതേ മനുഷ്യൻ തന്നെ വേണം ഇതേ ഭൗതിക ആസക്തി തന്നെയാണ് അത് ഈ ഓടിപ്പോകുന്നവന് സംഭവിക്കുന്ന പ്രത്യേകത എന്താണ് അവൻ ഇവിടുത്തെ ഭൗതിക ആസക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടത്തെ ഭൗതികാസക്തി ചെന്ന് ചാടും ഇത്രയുള്ളൂ അതൊക്കെ ഒരു വ്യത്യാസവും സംസാരം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ അന്മാരെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർ കുറച്ച് മല കയറാം അതിൽ താല്പര്യം കയറി ഇറങ്ങാം എന്നുള്ള ഒരു പിക്നിക്കിന് പറ്റിയ സ്ഥലം ഒരു എന്റർടൈൻമെന്റിനെ കൊള്ളാം ഇവിടെ ഇല്ലാത്ത ചില എന്റർടൈൻമെന്റ് അവിടെയുള്ളത് അതേ കവിഞ്ഞെന്താണ് സംസാരങ്ങളുടെ ദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാരണം അത് മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യം എല്ലായിടത്തും മനുഷ്യന്റെ ജീവിതം ഇവിടെയും മനുഷ്യൻ ധനസമ്പാദനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു അവിടെ അതിനു വേണ്ടി തന്നെയാണ് ഇവിടെയും മനുഷ്യനീ സമ്പാദിച്ചതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നു അവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെയും മനുഷ്യൻ ലാഭത്തിന് സന്തോഷിക്കുന്നു നഷ്ടത്തെ ദുഃഖിക്കുന്നു അവിടെയും അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യാസം അതിന് സാമിയാണെന്നോ ആസാമിയാണെന്നോ ഗൃഹസ്ഥനാണെന്നോ സന്യാസിയാണെന്നോ എങ്കിലന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല എല്ലാ മനുഷ്യനും ഈ സംസാരത്തിൽ അതാണിവിടെ പറയുന്നത് എന്താണ് അ ദുഃഖക്ഷമ അവിദുഖതി അതാണ് ഈ ക്ലേസ് അത് ദുഃഖത്തിന് അർത്ഥമാകുന്നില്ല എന്നതുകൊണ്ട് പറഞ്ഞു അനുഭവന്ത ഇതൊക്കെ അനുഭവിക്കുന്നവരായ ആര് മഹർഷിമാര് വിപ്രന്മാര് രാജാക്കന്മാര് ഇവരെല്ലാവരും ഇവിടെ രീതിയിൽ പറയില്ല ജ്ഞാനമുണ്ടെങ്കിൽ സതതമേവ അവര് നിരന്തരം ഇതിന്റെ ഇടയ്ക്ക് ഈ ക്ലേശങ്ങൾക്കിടയിലും മുദിത മനസ്സുള്ളവരായി മുദിതം മന യേശാമത്തെ മനസ്സഹോ എന്നുള്ളത് സമാസമൊക്കെ പഠിച്ച ഓർമ്മ വേണ്ട നമ്മൾ ചോദിക്കുന്നില്ല തിഷ്ഠന്തി മുദിത മനസ്സുള്ളവരായി അവർ ജീവിക്കുന്നു ആരോ അത് ആരായാലും അപ്പോൾ ആരായാലും തുല്യമാണ് ആർക്കെങ്കിലും ഒരു പ്രത്യേകത ഇവിടെ വാസ്തിഷ്ഠകാരൻ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംശയം അവന് ഏത് തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നു എന്നുള്ളതല്ല അവന് തത്വജ്ഞാനമുണ്ടോ ഉണ്ടെങ്കിൽ ആ തത്വജ്ഞാനത്തിന്റെ ഗുണം കൊണ്ട് അവൻ സന്തോഷമായി ജീവിക്കുന്നു ഈ പറയുന്നതിന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ദർശന പദ്ധതികൾ യോഗം സാഹ്യം ഭക്തി ഈ പറയുന്ന ആത്മീയം ദാർശനിക പദ്ധതി അദ്വൈതം ഇഷ്ടാത്വീയം ദ്വൈരം ഇതെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് ഈ പറയുന്ന മുതികമല വളരെ സന്തോഷം സന്തോഷമായി ജീവിക്കാവുന്നതാണ് ഈ പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പറയുന്ന എല്ലാത്തിനും കാര്യമുണ്ട് ഇത് വെറുതെ പറയുന്നില്ല മുദ്രത മനസ്സെന്ന് പറയുന്നത് കള്ളം പറയുന്നതല്ല അതില് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ട് ഈ പറയുന്ന ഭാഗത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ പറയുന്ന എല്ലാം തന്നെ എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിത്ത വിഷയങ്ങളാണ് ഇവിടെയും പറയുന്ന എന്താണ് മുദിത മനാഹ എന്നുവച്ചാൽ ചിത്തമാണ് മനുഷ്യന് ആനന്ദത്തെ ഉണ്ടാക്കുക ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും മനുഷ്യന്റെ മനസ്സിന് ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് മറ്റേതൊരു വിഷയങ്ങളെപ്പോലെ പക്ഷെ ഇതിലുള്ള ഒരു സവിശേഷത എന്താണ് ഇത് ഒന്നും എല്ലാവർക്കും ഹിറ്റായതോ അതാണ് എന്റെ പ്രത്യേകത ഇവിടെ പറയുന്ന ഈ ജ്ഞാനകറ്റം എന്ന് പറയുന്ന തത്വജ്ഞാനമാണ് ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവരുടെ ചിത്രത്തിന് മാത്രമേ ഇത് ഹിറ്റാകത്തുള്ളൂ അവർക്ക് മാത്രമേ ഇത് ആനന്ദം കൊടുക്കത്തുള്ളൂ മറ്റോരോ ദാർശനിക പദ്ധതികളും അതിന് യോജിക്കുന്ന മനസ്സോർക്ക് മാത്രമേ അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ പറ്റൂ മറ്റേതൊരു വിഷയവും പോലെ മനസ്സിന് ആനന്ദമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് മനസ്സിന്റെ വിഷയമാണ് അതുകൊണ്ട് ഈ പറയുന്നത് എന്താണ് അസ്വാഭാവികമായിട്ടൊന്നുമില്ല അതിശയോക്തി ഒന്നുമില്ല ഈ പറയുന്ന തത്വജ്ഞാനത്തിന് തത്വജ്ഞാനത്തിന് പറ്റിയ ആ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാണ് നമുക്ക് തത്വജ്ഞാനം കൊണ്ട് നമുക്ക് ആനന്ദം ഉണ്ടാകും ഉള്ളൂ അത് ഉണ്ടാകുമെന്നൊന്നും സംശയമില്ല കാരണം എന്തുകൊണ്ട് അത് മനസ്സിന്റെ സവിശേഷതയാണ് മനസ്സിന്റെ സവിശേഷത എന്താണ് മനുഷ്യ മനസ്സിന് അനുകൂലമായി തോന്നുന്നതിൽ മനസ്സാനന്ദിക്കും അനുകൂലമായി അതിന് തോന്നണം അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് മനസ്സാനന്ദിക്കും ഇപ്പോ ഈ ഭൗതികമായ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ മനസ്സാനന്ദിക്കുന്ന അങ്ങനെ നല്ലൊരു പൂന്തോട്ടത്തിൽ നമ്മൾ കഴിഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലും വ്യാകരത ഉണ്ടെങ്കിലും അവിടെ ഒരു സൗന്ദര്യം അത് മനസ്സ് അത് മനസ്സിന് ആ സൗന്ദര്യം അനുകൂലമായി തോന്നുമ്പം മനസ്സതി ആനന്ദിക്കുന്നു ആസ്വദിക്കാൻ ശേഷിയുള്ള ഒരു നല്ലൊരു ചിത്രം വരുന്നത് ഇപ്പോൾ മനസ്സ് ആസ്വദിക്കാൻ അതിനെ ആസ്വദിക്കുന്നതിന് ശേഷമുള്ളൊരു മനസ്സാണെങ്കിൽ അതിനെ ആസ്വദിക്കും കാരണം എന്താണ് അത് ചിത്രത്തിന്റെ ഒരു ആസ്വാദ്യ വിഷയമാണ് ഒരു ചിത്രമായാലും ശരി അതിലെല്ലാവർക്കും എന്ത് ചെയ്യുന്നു മനസ്സ് ഒരു സൗന്ദര്യത്തെ കണ്ടെത്തി അതിനെ ആസ്വദിക്കുകയും ചെയ്യും പേരിന് ഒരു എഴുതി ഒരു കളിയുണ്ടോ ശങ്കരായഴുതിയല്ല എന്താണ് സൗന്ദര്യ ലഹരി അപ്പോ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ചിത്തത്തിന്റെ വിഷയം കണ്ടെത്തുന്ന ആ സൗന്ദര്യം അത് കണ്ടെത്തുന്നവന്റെ മനസ്സിൽ ലഹരി ഉണ്ടാക്കുന്നു ലഹരി എന്ന് പറയുന്നുണ്ട് ആനന്ദമാണ് അത് ശങ്കരാചാര്യഴുതി അല്ലാന്ന് പറയാൻ കാരണം എന്താണ് ശങ്കരാചാര്യരുടെ മനസ്സിലും സൗന്ദര്യ ബോധമൊക്കെയുണ്ട് പക്ഷേ ശങ്കരാചാര്യെ കണ്ടെത്തുന്ന സൗന്ദര്യം ആ പ്രസവത്തിലഴുതിയിരിക്കുന്ന സൗന്ദര്യമാണ് അത് നമ്മൾ ഭാഷ്യത്തിൽ കാണുന്ന സൗന്ദര്യം അതിലാണ് ശങ്കരായരുടെ മനസ്സിൽ ആനന്ദം അതുകൊണ്ടാണ് കുത്തിയിരുന്നത് മുന്നേ എഴുതിയത് എന്ത് സമയം അപ്പോൾ അതില് എന്താണ് ഒരു ആ സൗന്ദര്യത്തിൽ ആനന്ദിക്കുന്ന ഒരു മനസ്സായത് കൊണ്ടാണ് ഭാഷയെഴുതി അത് ശങ്കരാക്കും വേണ്ടി സൗന്ദര്യം പോകണം പക്ഷേ അത് അവരുടെ മനസ്സിന്റെ ഇഷ്ട വിഷയങ്ങളുണ്ട് സൗന്ദര്യം കണ്ടത് അദ്വൈത എന്ന് പറയുന്ന വിഷയത്തിലാണ് ആ ജ്ഞാനത്തിലാണ് പിന്നെ അതിൽ താൻ കണ്ടെത്തിയ സവിശേഷൻ അതിന് വരുന്ന സന്യാസത്തിനും അതിനുമൊക്കെ അപ്പൊ അതിലാണെന്ന് സംശയമെന്താ നിങ്ങൾ ഭാഷ്യം പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഏ അതെനിക്കറിയില്ല ഏതോ സൗന്ദര്യ ബോധങ്ങളെഴിയണം എന്ന് എനിക്കറിയാം കാരണം സൗന്ദര്യ ലഹരിന്ന് തന്നെ എഴുതിയില്ല പക്ഷെ ശങ്കരായ സൗന്ദര്യ ബോധം ഇല്ലാത്ത ആളാണെന്ന് പറയുന്നില്ല ശങ്കരായ സൗന്ദര്യ ബോധം വേറെയാണ് ഇതല്ല ഈ കൊച്ചിന്റെ അച്ഛൻ വേറെയാണ് കണ്ടാലറിയാം തന്തെപ്പോലല്ല അതിപ്പോ അംഗീകാരം ആർക്ക് വേണം വിവരദോഷികളുടെ അംഗീകാരം ആർക്ക് വേണം അങ്ങനെയുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു നല്ല കഥയായി വിവരദോഷികളുടെ അംഗീകാരം ആർക്കാണ് വേണ്ടത് അംഗീകാരം വിവരദോഷികളുടെ അംഗീകാരം വേണ്ട രാഷ്ട്രീയക്കാർക്കാണ് ചിന്തകന്മാർക്ക് അതിന്റെ ആവശ്യമുണ്ട് അത് കുറച്ച് എന്താണ് അവരുടെ അംഗീകാരം എന്ന് പറയുന്നത് പണ്ടിവിടെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാണുന്നില്ലല്ലോ ഇവിടെ വന്ന് കിടക്കുമായിരുന്നില്ല അങ്ങനെയുള്ളവരുടെ അംഗീകാരം മതി ഇപ്പാണ് എന്താള് നാട് മീങ്ങിയാണ് മീങ്ങിയാണ് പണ്ടല്ലേ അത്ര കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു നിർവ്വാഹം പ്രാപിച്ചിട്ടുള്ളത് ൊക്കെ ആയിട്ട് കിടക്കുക അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരെന്ന് അറിയില്ല അല്ലാതെ വിവരദോഷ അംഗീകാരമെന്നതിനാവശ്യം നാരായണ കൃതി ചെയ്തിട്ടുള്ള പേരാണ് ലാവണ്യ ലാവണ്യെന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യമാണ് അതങ്ങനെ എഴുതണമെങ്കിൽ എന്ത് വേണോ എഴുതുന്നയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ടാവും ആ സൗന്ദര്യം എന്ന് പറയുന്നത് അത് മുഴുവൻ പറയുന്ന എന്താണത് ആത്മീയ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു ആത്മീയ സൗന്ദര്യത്തെ അനുഭവിച്ച് ജീവിച്ച് അതിന്റെ സുഖം കൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയതാണത് അത് വായിക്കുന്നവർക്കും അതിന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് ആ ലാവണ്യത്തെ നമുക്ക് അനുഭവിക്കാം അതുപോലെയാണ് അത് ഏതുപോലെയായി പ്രാകൃതികമായ ബാഹ്യമായ സൗന്ദര്യങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി മനസ്സനുഭവിച്ച് ആനന്ദിക്കുന്നതുപോലെ തന്നെയാണ് മനസ്സ് ആശയങ്ങളിൽ ആനന്ദിക്കുന്നത് ഈ പറയുന്ന എല്ലാ ദർശനങ്ങളും ആശയങ്ങളാണ് മറ്റെന്താണ് ഒരു ചിത്രത്തെ കാണുമ്പോൾ മനസ്സ് ആസ്വദിക്കുന്നത് കണ്ണിന്റെ സഹായത്തോളം നല്ലൊരു സംഗീതം കേൾക്കുമ്പോൾ മനസ്സ് അതിനെ ആസ്വദിക്കുന്നത് ചെവിയുടെ സഹായത്തോളം ഇത്തരം ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് രണ്ടിന്റെ സഹായത്തോടുകൂടിയും കേറാം പഴയ കാലത്ത് ചെവിയിലൂടെ കയറിയിരുന്നു ഇന്ന് കണ്ണിലൂടെയും കയറുന്നു അതെ എഴുത്ത് വന്നപ്പോ അതുകൊണ്ട് ഈ മനുഷ്യൻ രമിക്കുന്നത് ആനന്ദിക്കുന്നത് ഇന്നിവിടെ പറയുന്നത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് മുദിത മന അപ്പോൾ അങ്ങനെ ആശയത്തിന് ആശയം പിടിക്കുന്ന മനസ്സാണ് അദ്വൈത ആശയമായത് ശരി നിഷ്ട അദ്വൈത ആശയമായവൈത ആശയമായാലും എല്ലാ ആശയങ്ങളാണ് അത് അതിനെ ഇഷ്ടപ്പെടുന്ന മനസ്സാണെങ്കിൽ അങ്ങനെ അതിന് ആനന്ദിക്കും അതെന്താ സംശയം ഈ ബാഹ്യമായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആനന്ദിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ എല്ലാ വിഷയങ്ങളും മനസ്സിൽ തള്ളു മറ്റടത്ത് അങ്ങനെയല്ല വിഷയങ്ങൾ പുറമേ ഉള്ളു മനസ്സ് തന്നെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്ന വിഷയങ്ങളെ മനസ്സ് തന്നെ അതിൽ ആനന്ദിപ്പിക്കും അതുകൊണ്ടാണ് അതിന്റെ പേര് പറയുന്ന ആത്മരതി ആത്മക്രീഡ ആത്മാനം എല്ലാവരും ഇതുപോലെ അദ്വൈതി മാത്രമല്ല അദ്വൈതിയും ഇഷ്ടാദ്വൈതിയും എല്ലാവരും യുവാക്കൾ ഉപയോഗിക്കും എന്തുകൊണ്ടാണ് അവർ നിർവഹിക്കുന്നത് കാരണം ഇതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇത് മനസ്സിന്റെ മനസ്സ് തന്നെ മനസ്സിന് വേണ്ടി സൃഷ്ടിക്കുന്ന ആനന്ദമാണ് അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് അതിന് എന്താണ് ഈ സൗന്ദര്യ ലഹരിക്ക് രാസലഹരിയിൽ ആവശ്യമില്ലെന്നുള്ള വ്യത്യാസം രാസലഹരിയാണെന്ന് ഒരുപാട് ചർച്ച ചെയ്തു രാസവസ്തുക്കൾ ലഹരി ഉണ്ടാകുന്നു പക്ഷെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് മാനസിക കൽപ്പനകളാണ് ആ മാനസിക കല്പനകളിൽ ഒരാൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റേ ആവശ്യമില്ല നമ്മുടെ മസ്തിഷ്കത്തെ തകർത്തു കളയുന്ന രാസവസ്തുക്കളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ ഒരാൾക്ക് ആരംഭിക്കാം ഇത് സത്യമാണ് പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കം മനസ്സിലാക്കണമെന്നാണ് ഇതെല്ലാം ഈ പറയുന്ന മുദിതമന ഇതെല്ലാം മനസ്സിന്റെ തലത്തിലാണ് ഇതെല്ലാം സംഭവിക്കും അത് വളരെ കൃത്യമായി പറഞ്ഞാലാണ് ശങ്കര ശങ്കരകൾ എന്ത് പറഞ്ഞു ഇതെല്ലാം മനസ്സിന്റെ തലത്തിലേ സംഭവിക്കൂ ഈ ആനന്ദം എല്ലാം അതുകൊണ്ട് ശകുരായ പ്രത്യേകം പറഞ്ഞത് ഈ അദ്വിജീവിക്കുന്ന മനസ്സിലാകാത്ത എന്താണ് എന്താണ് ശകുരായര് പറഞ്ഞത് അർഹിത് പറഞ്ഞു മുക്തിയിൽ ആനന്ദാഭിവ്യക്തിയില്ല വേറൊരുതായി ാനന്ദ അഭിവ്യക്തിക്ക് എവിടെയാണ് സംഭവിക്കുന്നത് മനസ്സിലാണ് മനസ്സിലാണോ സംഭവിക്കുന്നു അപ്പൊ അത് ഒരു വാസ്തവമാണ് മനസ്സിന്റെ ഒരു സംശയ മനസ്സിന്റെ സ്വഭാവമാണ് അത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടും നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നു എന്തിനും ഇഷ്ടപ്പെടുന്നു നമ്മൾ എന്തിനാണ് അഭിരമിക്കുന്നത് ആ വിഷയത്തിനനുസരിച്ചാണ് ഈ ആനന്ദം മാറി മാറുന്നത് ഇവിടെ ഇപ്പൊ മുൻപോട്ട് വയ്ക്കുന്ന അദ്വൈതം എന്ന് പറയുന്ന ഒരാശയത്തെയാണ് അതിവിടെ പറയുന്നു അത് നിങ്ങൾ വിചാരം ചെയ്യണം അങ്ങനെ ശാസ്ത്രത്തിന് വിചാരം ചെയ്യുന്നു അതിനകത്ത് അതിൽ രുചിയുണ്ടാവും താല്പര്യം ഉണ്ടാവും താല്പര്യം ഉണ്ടാകുമ്പോൾ എന്താകും എന്തുണ്ടാവും അതിൽ ആനന്ദം കണ്ടെത്തും സ്വാഭാവികമായൊരു കാര്യമാണ് ഏതൊരു വിഷയത്തിലും ആനന്ദം കണ്ടെത്തുന്നത് പോലെയുള്ളു ഇനി അങ്ങനെ ഒരു ആനന്ദത്തെ വേണമെങ്കിൽ മുക്തി എന്ന് വിളിക്കാം എന്ത് മുക്തിയാണത് ദുഃഖങ്ങളെന്നുള്ള മുക്തി അതാണ് ഇവിടെ പറയുന്നത് അതു അതിദുഖരി അപ്പൊ ഈ ആനന്ദത്തിന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനം അതിന് പ്രധാനം ചെയ്യുന്ന ആനന്ദത്തിന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല ദുഃഖം ഇവിടെ ഉണ്ട് ദുഃഖകരി എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖത്തെ നിർമ്മിക്കുന്നവയാണ് എന്ത് ഇവിടെ പറയുന്നത് സംസാര ഇവിടത്തെ ഈ ക്ലേശങ്ങളെല്ലാം മനുഷ്യന് ദുഃഖത്തെ നിർമ്മിച്ചു നൽകുന്നവയാണ് ഇതെല്ലാം കൃത്രിമമാണ് കൃത്രിമം എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദത്തിന്റെ അർത്ഥം പഠിച്ചിട്ടുള്ളവരാണ് ലോക സിദ്ധാന്തോധി പഠിച്ചവരാണ് ഇവിടെയിരിക്കുന്നവരാണ് എന്താണ് ആർക്കും ഇത് ബോധമില്ല ക്രിയയാ നിർവൃത്തം സ്ത്രീ ത്രിത്മ നിത്യം രണ്ട് സൂത്രങ്ങളൊക്കെ പഠിച്ചെല്ലാം മറന്നുപോയാണാന്ന് പഠിച്ചത് എന്ത് നമ്മള് ക്രിയ പ്രവൃത്തിയിലൂടെ നിർവൃത്തം സമ്പാദിച്ചെടുക്കുന്ന അതാണ് കൃത്രിമം അപ്പൊ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് അത് കൃത്രിമമാണ് കൃത്രിമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അതാണ് ദുഃഖകരി എന്ന് ഈ സംസാരികമായ ക്ലേശങ്ങൾ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടോ അതല്ല അതിനെ എന്തു ആനന്ദം അതിന് പകരം വയ്ക്കുകയാണ് അതും മനസ്സ് തന്നെ ചെയ്യുന്നു അതും കൃത്രിമം തന്നെയാണ് ഇതൊന്നും സ്വാഭാവികമല്ല സ്വാഭാവികമായ സ്ഥാനത്ത് ഇതൊന്നുമില്ലെന്നാണ് സംഗ്ര പറയുന്നത് ഇവിടെയും അതെന്ന് പറയുന്ന ആത്യന്തികമാണ് അവസാനം ഇവിടെയും പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ എന്ന് പറയും വൃത്തിശൂന്യോയും ബ്രഹ്മ വൃത്തിശൂന്യമായിരിക്കുന്ന കേവലമായ ഫ്രം അവിടെ ഈ പറയുന്ന ഒന്നുമില്ല ആനന്ദമില്ല ഒന്നുമില്ല ദുഃഖമില്ല അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അങ്ങനെ ഒന്നും മനുഷ്യന് പിടികിട്ടാത്ത കാര്യമാണ് മനുഷ്യനൊരിക്കലും പൂർണ്ണ ബോധത്തോടു കൂടി പിടികെട്ടുന്ന കാര്യമുണ്ടാകും ഈ പറയുന്ന വൃത്തിശൂന്യം എന്നെല്ലാം പറയുന്നവര് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ടാവും അവിടെയാണ് ഈ ആചാര്യന്മാരെല്ലാം തമ്മിത്തല്ലുന്നത് ഞങ്ങളാ പറയുന്ന രീതിയിലൊന്നുമില്ല എന്ന് ഒരു കൂട്ടർ പറയും വേറെ കൂട്ടർ പറയും ഞങ്ങൾ പറയുന്ന രീതിയിലാണ് പക്ഷെ ഈ പറയുന്ന ആനന്ദത്തിന്റെയൊക്കെ കാര്യം വരുമ്പോൾ എന്ന് പറയുന്നു എല്ലാവരും യോജിക്കുന്നുണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ആനന്ദ അസ്മിതാരൂപാനുഗമത അനുഗമ സം പറഞ്ഞത് ആനന്ദം യോഗികളെ സംബന്ധിക്കുന്നുണ്ട് ഭക്തന്മാർക്ക് പിന്നെ ആനന്ദമേ ഓള്ളൂ ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ എല്ലാവരും ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് അവർ പറയുന്നത് നിരന്തരം ആനന്ദത്തിൽ തുള്ളിച്ചാടുന്നാണ് തുള്ളിച്ചാടുമ്പോൾ പാട്ടും പാടി കൈ മണിച്ചുകൊണ്ടെന്ന് പ്രത്യേകം പറയാം എല്ലാവരും പറയുന്നു ഇവിടെ അദ്വൈതിയും പറയുന്നത് തന്നെയാണ് ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ആനന്ദത്തെ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല പിന്നെ അത് എന്തിൽ നിന്ന് ആർജിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് ജ്ഞാനത്തിൽ നിന്ന് ആർജിക്കാം എന്നുള്ളതാണ് ജ്ഞാനം ആനന്ദത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആർക്കഭിപ്രായ വ്യത്യാസം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു ശാസ്ത്രത്തിനും ആത്മീയ ശാസ്ത്രത്തിനോ ഭൗതിക ശാസ്ത്രത്തിനോ ഒന്നും അതിന് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാക്കി പറയുന്നിടത്താണ് എന്താണ് ആത്യന്തികമായ സത്യം പ്രപഞ്ചത്തിന്റെ ആണിക്കല് അതൊക്കെ ഞങ്ങളുടെ കൈവശം ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നിടത്താണ് എന്താണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകും അതൊക്കെ പറയുമ്പോ അതൊക്കെ എന്തായി മാറും അതിന് കിടന്ന ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ദുർബലമായ അവകാശവാദങ്ങളൊക്കെ ആയി മാറി കിടക്കും അതവിടെ ഇരിക്കട്ടെ അപ്പോ അങ്ങനെയുള്ള താർക്കിക വിഷയങ്ങളിലേക്ക് പോകാതെ ഇവിടെ പറയുന്ന കാര്യം കേൾക്കുകയാണെങ്കിൽ എന്താണ് ഇത് നൂറ് ശതമാന സിനിമ എന്താണ് ആനന്ദം എല്ലാവർക്കും ഉണ്ടാവും അതിന് അതെല്ലാവർക്കും തുല്യമാണെന്ന് മുനിക്കും ഋഷിക്കും രാജാവിനും ബ്രാഹ്മണനും എല്ലാം എന്താണ് ആനന്ദം തുല്യമാണ് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഹിമാലയത്തിൽ പോയിട്ട് അവിടെയൊക്കെ ചുറ്റി കടന്നിട്ട് ഇതൊക്കെ സ്വപ്നം സ്വപ്നം സ്വപ്നം എന്നൊന്നും പറയേണ്ട കാര്യം ഇവിടെ ഇരുന്ന് സ്വപ്നം എന്ന് തോന്നിയാലും ധരക്കിടന്നു മനസ്സിന് ആനന്ദമുണ്ടാക്കുമോ അത് മതി മനസ്സിന് സന്തോഷമുണ്ടാക്കുമോ അങ്ങനെയുള്ള അറിവ് മനസ്സിൽ നിലനിർത്തുക അതാണ് ഈ പറയുന്ന എന്ന് ചോദിച്ചത് അതിനിടെ വാശിഷ്ടകാരനൊരു പദ്ധതിയുണ്ട് ആറിവിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നതല്ല അത് കേവലം മനസ്സിന്റെ തലത്തിലാണ് മാനസികമായ കൽപ്പനകളാണതല്ല മനസ്സിന് അങ്ങനൊരു ശേഷിയുണ്ട് എന്താണോ മനസ്സ് തന്നെ അതിന് എന്തെങ്കിലും ഒരു ഭൗതികമായ യാഥാർത്ഥ്യമാണെന്നും മനസ്സിന് യാതൊരു നിർബന്ധവും മനസ്സ് തന്നെ എന്തു ചെയ്യുന്നു മനസ്സുകൊണ്ട് കൽപ്പിച്ചിട്ട് മനസ്സ് തന്നെ ഇരുന്ന് ആനന്ദിക്കുന്നു അതിലെ നമ്മൾ മനോരാജ്യങ്ങളിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ എന്തു ചെയ്യുന്നത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അതിനോട് മനോരാജ്യം എന്ന് പറയും അതിൽ അത് വഴുതാതെ സ്ഥിരമായി ആനന്ദിക്കാൻ ഉള്ള ചിത്ത വിഷയത്തെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് അത് കേവലം ചിത്തത്തിന്റെ വിഷയമാണ് അതിനാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാലേ മുമ്പോട്ട് വാശിഷ്ടത്തിൽ പോകുമ്പോൾ നമുക്കതിനെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എന്താണോ ഇതൊക്കെ നമ്മുടെ ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണോ അത് നമുക്ക് ആനന്ദമുണ്ടാക്കുന്നതാണ് അതിനപ്പുറം കടന്നുപോയി നമ്മൾ താത്വികമായ വിശകലനങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോ അവിടെ പിന്നെ നമ്മൾ ശങ്കരാചാര്യരെ പോലെ ചിന്തിക്കേണ്ടി ശങ്കരാചാര്യർ ചിന്തിക്കുന്നത് ഒരു സർജന പോലെ നമ്മളൊരു സർജന്റെ കൂടി പോയി പെട്ട് കഴിഞ്ഞാൽ അയാളെന്താ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ എവിടം കീറാമെന്നുള്ള ഏത് ഭാഗമാണ് മുറിക്കാൻ പറ്റി ഭാഗം എന്നാ ചിന്തിക്കുന്നത് കാരണം അതുപോലെ തൊഴിലാണ് ഞാൻ കുറ്റം പറയുന്നത് നമ്മുടെ പ്രശ്നത്തിന് മുറിച്ച് പരിഹാരം കാണാമോ എന്നാണ് ചിന്തിക്കുന്നത് നമ്മളൊരു ഹോമിയോക്കാരിന് മുമ്പ് ചെന്ന് പെട്ട് കഴിഞ്ഞാലോ അയാളിലേക്ക് നമുക്ക് എന്തെങ്കിലും മധുരം തന്നെ നമ്മളെ ശുഭപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇതൊക്കെ വ്യത്യസ്തമാണ് പ്രയോഗമില്ലാത്തതല്ലെന്നല്ല പറയുന്നത് സംഗ്രഹാരത്തെ ചിന്തിക്കുന്ന ഒരു സർജ്ജന പോലെയാണ് വാശിഷ്ടം ചിന്തിക്കുന്നത് ഒരു ഹോമിയോ കാരണം പോലെയാണ് ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം മറ്റതിങ്ങനെ കർശനമായ എന്താണ് തർക്ക കാർക്കിന്തി ചിന്തിച്ച് ചിന്തിച്ച് പരമാർത്ഥത്തെ കണ്ടുപിടിക്കുക അവിടെയാണ് അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത്ര എളുപ്പമുള്ള കാര്യം ഇതങ്ങനെയല്ല ഇതാണ് ആൾക്കാർ വാസിഷ്ടത്തിൽ എളുപ്പം കിക്കാകും കിക്കാകും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവും അറിയാം മറ്റത് അതുപോലെ അതുപോലെ കാരണം ഇവിടെ പറയുന്നത് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അന്തശീലതയെക്കുറിച്ചാണ് അന്തശീലത എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന മുദിത മനസ്സ് തന്നെയാണ് ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത് ആശയങ്ങൾ കൊണ്ടും മനുഷ്യന്റെ മനസ്സിൽ ആനന്ദത്തെ നിറയ്ക്കുക അതാണ് വാസിഷ്ടത്തിന്റെ പദ്ധതി അവിടെ എന്താണ് തർക്കകാർക്കസ്യം കൊണ്ട് ബുദ്ധിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള അതിനെ സൂക്ഷ്മമാക്കുക അവരുടെ കൂടെ ആവർത്തനം ഒരുപാട് പേര് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അപ്പോ ശങ്കരാചാര്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജനായതുകൊണ്ട് അതിനു പറ്റി ആൾക്കാരെ മാത്രമേ ചികിത്സിച്ചു ശരിയാക്കത്തുള്ളൂ ഈ നമ്മുടെ വാസിഷ്ഠകാരൻ ഹോമിയോക്കാരനായതുകൊണ്ട് ജനിച്ച ശിശുക്കളും അവർ മരിക്കാൻ പോകുന്നവർക്കും അവരുടെ ഇല്ലെന്തുണ്ട് മധുരപുളിക എന്തായാലും കഴിക്കുമ്പോ അതൊരു സുഖം കിട്ടും ബാക്കി പിന്നെ പോട്ടെ നമ്മള് മരുന്നിന് വെറുക്കില്ല എന്തേ അതൊന്നും നല്ല വ്യത്യാസം ഹോമിയോ കഴിച്ചാൽ നമ്മൾ മരുന്നിന് വെറുക്കത്തില്ല ഗുണമുണ്ടോ അല്ലേന്നുള്ളത് വേറെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കുക ഇപ്പൊ അത് മാറ്റിവെക്കാൻ പറ്റുമെന്നു കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതിയെന്ന് നമ്മള് ചിന്തിക്കും മനസ്സിലതിനോടൊരു വെറുപ്പുണ്ടാവും ഗുണമുള്ളതാണെങ്കിൽ അതുകൊണ്ട് എണ്ണത്തിനുള്ള വ്യത്യാസം അതുപോലെയാണ് പെരിങ്ങനെ നമ്മളെ സുഖിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആനന്ദിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് വാസം അതെല്ലാവർക്കും അതിന് പ്രത്യേകിച്ചൊന്നുമില്ല അവിടെയാണ് ശങ്കരാചാര്യ പ്രത്യേകത ശങ്കരാചര് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇതാർക്കാണ് ഗുണപ്പെടുന്നത് അപൂർവത്തിന്റെ അപൂർവമായി വരുന്ന എന്താണ് സർവസന്ധ പരിത്യാഗിയോ പരിവ്രാജകന്മാർക്ക് മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ തുള്ളൂ വേറെ ആർക്കും അത് ഉപകാരപ്പെടുത്തൂ എല്ലാവരും അതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ് അതിന് ആളില്ലാത്ത ശരിക്കും അത് ഉപകാരപ്പെടുന്നവർക്കേ ഉപകാരപ്പെടും ഇവിടെ വാസുഷ്ഠ വാസുഷ്ടം പറയുന്നത് ആപാലബദ്ധം ആർക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സന്യാസത്തിന്റെ ആവശ്യമുണ്ട് ഇന്ന് ലോകത്ത് അദ്വൈതം എന്നുള്ള രീതിയിൽ പ്രചരിച്ചിരിക്കുന്നത് മുഴുവൻ വാസുഷ്ഠത്തിന്റെ ആശയമാണ് ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയ സമൂഹത്തിൽ നിലനിർത്തി ഗ്രന്ഥങ്ങളിൽ നിന്നും ഗ്രന്ഥത്തിലല്ല ഗ്രന്ഥങ്ങളിൽ നിന്നും അതിനെ മാറ്റി മനുഷ്യരുടെ മനസ്സിൽ നിലനിർത്തിയത് ഈ വാസിഷ്ഠം എന്ന് പറയുന്നൊരു ഗ്രന്ഥം അതുകൊണ്ടാണ് പണ്ട് വിദ്യാരണ്യസ്വാമി പോലെയുള്ളവരെല്ലാം മത്സൂന്ദ സരസ്വതി പോലെയുള്ളവരെല്ലാം ഈ ശങ്കരാചാര്യ പതുക്കെ അങ്ങ് തഴഞ്ഞിട്ട് വാസിഷ്ടത്തിന്റെ പിറകെ പോയത് എന്തുകൊണ്ടുവരും അത് മാത്രമേ സമൂഹത്തിൽ മനുഷ്യന്റെ മനസ്സിന് സന്തോഷത്തെ കൊടുക്കൂടെ പ്രത്യേക വാസിഷ്ടം പറയുന്ന ചുരുക്കത്തില് ഇത്രയേ ഉള്ളൂ എന്താണോ എങ്ങനെയായാലും കുഴപ്പമില്ലെന്നൊരു സന്തോഷം സന്തോഷമായിരായ പറയുന്നത് എന്താണോ അത് പറ്റില്ല നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തെണ്ടണം തണ്ടികൾക്ക് മാത്രമാണ് സന്തോഷം ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ തണ്ടികൾക്ക് മാത്രമേ ഇവിടെ അങ്ങനെയുള്ള അതാണ് ഇതിന്റെ സവിശേഷം പറയുന്നത് എന്താണ് ദുഃഖത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദുഃഖം അനുഭവിക്കേണ്ട കാര്യമില്ല പിന്നെ ചെയ്യണം സതതമേവ നിരന്തരമേവ മുദിതമനാഹ മനസ്സ് നിറഞ്ഞവരായി തിഷ്ടം തിന്വേഷിച്ച ലോകത്ത് ജീവിക്കുന്നു എല്ലാവരും അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അറിവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് തുടർന്ന് വരുന്നതൊക്കെ ഇത് തന്നെയാണ് ഞാൻ ഇനി വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് ഇതുതന്നെയായിരിക്കും പുതിയതായി പറയാമോ പക്ഷേ ഇതിന്റെ അടിസ്ഥാനമാണ് എങ്ങനെയാണ് ഇത് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവം വളരെ അടിസ്ഥാനമാണ് അപ്പോ നാളെയും പരിപാടി ഉണ്ടായിരിക്കും നാളെ പ്രവർത്തിക്കുന്നു